ദിനാന്തം രണ്ടാം പുസ്തകം അധ്യായം ഒന്ന് ദാവിദിന്റെ മകനായ ശലോമോൻ തന്റെ രാജത്വത്തിൽ സ്ഥിരപ്പെട്ടു അവന്റെ ദൈവമായ യഹോവ അവനോടു കൂടെ ഇരുന്ന് അത്യന്തം മഹത്വപ്പെടുത്തി ശലോമോൻ എല്ലാ ഇസ്രയേലിനോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രായേലിന്റെയും പിതൃഭവനത്തലവന്മാരായ സകല പ്രഭുക്കന്മാരോടും സംസാരിച്ചിട്ട് ഷലോമോൻ സർവസഭയുമായി ഗിബയോനിലെ പൂജാഗിരിക്ക് പോയി യഹോവയുടെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ ദൈവത്തിന്റെ സമാഗമന കൂടാരം അവിടെയായിരുന്നു എന്നാൽ ദൈവത്തിന്റെ പെട്ടകം ദാവീദ് കിരിയത് യയാരീമിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോന്നു അവൻ അതിനായി യെരുഷുലേമിൽ ഒരു കൂടാരം അടിച്ചിട്ടുണ്ടായിരുന്നു ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ ഉണ്ടാക്കിയ താമ്രയാഗപീഠവും അവിടെ യഹോവിയുടെ തിരുനിവാസത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അവിടെ ഷലോമോനും സഭയും അവനോട് പ്രാർത്ഥിച്ചു ശലോമോൻ അവിടെ യഹോവിയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമ്രയാഗപീഠത്തിലേക്ക് ചെന്ന് അതിന്മേൽ ആയിരം ഹോമയാഗം കഴിച്ചു അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട് ഞാൻ നിനക്ക് എന്തു തരണം ചോദിച്ചുകൊള്ളുക എന്നരുളി ചെയ്തു ശലോമോൻ ദൈവത്തോട് പറഞ്ഞത് എന്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവനു പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു ആകയാൽ യഹോവയായ ദൈവമേ എന്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവർത്തിയായി വരുമാറാകട്ടെ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീയെന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരേണമേ ല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും അതിന്റെ ദൈവം ശലോമോനോട് ഇത് നിന്റെ താൽപര്യമായിരിക്കും ധനം സമ്പത്ത് മാനം ശത്രു എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ഞാനോ വിവേകവും ചോദിച്ചിരിക്കും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്നരുളി ചെയ്തു പിന്നെ ഷെലോമോൻ ഗിബയോനിലെ പൂജാഗിരിയിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ യെരുഷലേമിലേക്ക് വന്ന് ഇസ്രയേലിൽ വാണു ശലോമോൻ രഥങ്ങളെയും അവന് ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു അവരെ അവൻ രഥനഗരങ്ങളിലും യെരുഷലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചു രാജാവ് യെരുശലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരു താഴ്വീതിയിലെ കാട്ടത്തിമരം പോലെയും ആക്കി ശലോമൊന് കുതിരകളെ കൊണ്ടുവന്നത് മിശ്രമിൽ നിന്നായിരുന്നു രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മിശ്രമിൽ നിന്ന് രഥമൊന്നിന് അറുന്നൂറും കുതിര ഒന്നിന് നൂറ്റമ്പതും വെള്ളിശേക്കേൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്ന് കൊടുക്കും